തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ അള്ളാഹുസുബഹാന ഹൂവചാല താഴെയായി അരുവികളൊഴുകുന്ന സ്വർഗ്ഗത്തോപ്പുകളിൽ പ്രവേശിപ്പിക്കും അവിടെ അവർക്ക് സ്വർണത്തിൻറെയും മുത്തുകളുടെയും വളകൾ അണിയിക്കപ്പെടും അവരുടെ വസ്ത്രം അവിടെ പട്ടുതുണിയായിരിക്കും